അള്ളാഹു സുബഹാനുഹൂവത്തായാലായുമായുള്ള കരാറിനെയും തങ്ങളുടെ സത്യങ്ങളെയും തുച്ഛമായ വിലക്ക് വിൽക്കുന്നവർക്ക് പരലോകത്ത് യാതൊരു വിഹിതവുമില്ല അന്ത്യദിനത്തിൽ അള്ളാഹു സുബഹാനുഹൂവത്തായാലോട് സംസാരിക്കുകയില്ല അവരെ നോക്കുകയുമില്ല അവരെ ശുദ്ധീകരിക്കുകയുമില്ല അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്